അള്ളാഹുസുബഹാനഹഹൂവായാലായുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് യാതൊന്നും നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്നും അനുഗ്രഹം അള്ളാഹുസുഹാനഹൂവ തായാലായുടെ കൈകളിലാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകുമെന്നും വേദക്കാരറിയാതിരിക്കാനാണത് അള്ളാഹു സുബഹാനഹൂവ തായാല മഹത്തായ അനുഗ്രഹങ്ങളുടെ ഉടമയാകുന്നു